ാമത്തിന് മഹത്വമുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇന്ന് രാവിലെ വന്നപ്പോൾ മുതൽ സോന്മാർ ഒക്കെ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരു ആത്മാവിൽ തന്നെ നമുക്ക് ദൈവോചനവും ശ്രദ്ധിക്കാം ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ പുതിയ ഓരോ പരീക്ഷകളോ ഏതെങ്കിലും മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെയാണ് വരുന്നത് വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ച് മാത്രമല്ല നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തിൽ ഒക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഏതൊരാളെയും മാനസികമായിട്ട് തളർത്തി കാര്യങ്ങളായിട്ടാണ് തോന്നുക ഞാൻ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതും ശ്രദ്ധിക്കാറുള്ളപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഇപ്പോഴ് പണ്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഗതിവേഗം വളരെ കൂടിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ടല്ലോ ഒരു നദി അതിൻ്റെ പതനസ്ഥലത്തേക്ക് അടുക്കുമ്പോൾ അതെന്ത് സംഭവിക്കും അതിൻ്റെ ഗതിവേഗം കൂടും അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗം കൂടും എന്ന് പറഞ്ഞതുപോലെ ഈ ലോകവും ലോക പണ്ടും പ്രയാസങ്ങളും വിഷമങ്ങളും ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നുള്ളതുപോലെ ഇന്നുള്ളതുപോലെ അതിൻ്റെ തീവ്രത ഇത്രയേറെ ഉണ്ടായ മറ്റൊരു രംഗമില്ല അതിൻ്റെ ഗതിവേഗം കൂടിയിരിക്കുകയാണ് അത് കാണിക്കുന്നത് ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കെത്തി അത് ഇനി അധികനാളില്ല ആ പതനസ്ഥലത്തേക്ക് അടുക്കുന്ന ഒരു നദിയുടെ വേഗം കൂടുന്നത് പോലെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരു എണ്ണം കഴിഞ്ഞു ഉടനെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് ഈ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യത്തിൽ നമുക്ക് ദൈവമക്കൾക്ക് എന്താ ചെയ്യാൻ ഒക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സങ്കീർത്തനങ്ങളിലേക്കാണ് തിരിയുക എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങളിൽ എപ്പോഴും ഒരു പച്ച മനുഷ്യൻ്റെ നിലവിളിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു മുഖമൂടിയില്ലാതെ കാര്യങ്ങൾ പറയുന്നതുമാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ കാണുന്നത് അയ്യോ ദൈവമേ നീ എന്നെ രക്ഷിക്കണേ ഞാനിതാ നിലയില്ലാത്ത ആഴത്തിൽ വെള്ളത്തിൽ താഴുന്നു എന്നൊക്കെയാണ് സങ്കീർത്തനങ്ങളിലെ സങ്കീർത്തനക്കാര് അങ്ങനെ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളികൾ യാതൊരു അലങ്കാരവും ഇല്ലാതെ അങ്ങ് എഴുതി വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളിലൂടെ കിടക്കുമ്പോൾ നമുക്കും കൂടുതൽ താതാല്മ്യപ്പെടാവുന്നത് സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളിലാണ് അല്ലെങ്കിൽ നോക്കുക നമ്മുടെ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നു അവൾ ഏത് വാക്യമായിരിക്കും പറയുക അവൾ ഒരു സങ്കീർത്തനത്തിൽ നിന്നായിരിക്കും ഉദ്ധരിക്കുക അല്ലാതെ ഒത്തിരി തിയോളജിയുള്ള ഒരു ഭാഗമായിരിക്കേ ഇല്ല എടുത്ത് ഉദ്ധരിക്കുന്നത് സാധാരണക്കാരൻ്റെ വിഷമങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് പലപ്പോഴും സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളാണ് നമുക്ക് അൻപത്തി അഞ്ചാം സങ്കീർത്തനം അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ പരിചിതമായ വാക്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് നിൻ്റെ ഭാരം യഹോയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തു നിൻ്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും ഇവിടെ ഭാരം ദൈവത്തിൻ്റെ മേൽ തന്നെ വെച്ചു അവൻ നമ്മളെ പുലർത്തും എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം നിങ്ങൾ നോക്കുക ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഭാരങ്ങൾ ഒത്തിരി സഹിച്ച ഒരു മനുഷ്യനാണ് ഇതൊരു മനോഹരമായിട്ട് ഒരു ദന്തഗോപുരത്തിൽ എഴുതുന്ന ഒരു സങ്കീർത്തനമല്ല എന്നു വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകാതെ യാഥാർത്ഥ്യബോധമില്ലാതെ എവിടുന്നോ വായിച്ചൊക്കെയുള്ള ചില അറിവിൻ്റെ വെളിച്ചത്തിൽ എഴുതുന്ന ഒരു സങ്കീർത്തനമല്ല പച്ച യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോയ ഒരു മനുഷ്യൻ ധാരാളം ഭാരങ്ങൾ സ്വയം വഹിക്കുകയും അതിൻ്റെ ഇരയായി പോകും എന്ന് പേടിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാളാണ് ദാവീദാണ് പറയുന്നത് ദാവീദ് പ്രയാസങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഭാരം ദൈവത്തിൻ്റെ മേൽ വെച്ചാൽ അവൻ പുലർത്തും എന്നുള്ളത് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയ ഒരാൾ എഴുതി വച്ചിരിക്കുകയാണ് നമുക്കും നമുക്കും സത്യത്തിൽ നമ്മുടെ പിന്നിട്ട ജീവിതത്തെ നോക്കുമ്പോൾ പല രംഗങ്ങളിൽ നമുക്ക് ഈ വാക്യം ശരിയല്ലേ നമ്മുടെ ഭാരങ്ങൾ മറ്റാരില്ല വയ്ക്കാൻ വെക്കുന്നത് ദൈവത്തിൽ വെച്ചാൽ ദൈവം എന്തോ ചെയ്യും ദൈവം പുലർത്തും പുലർത്തും ലളിതമായൊരു വിശ്വാസമാണ് ഒരു ഒര ഒരളവിലൊരു അന്ധമായ വിശ്വാസമാണ് അതിനൊരു ചുറ്റും തെളിവുകളൊന്നും ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കും എങ്കിലും ഇവിടെ സങ്കീർത്തനക്കാരും പറയുക നിൻ്റെ ഭാരം യുഹോയുടെ മേൽ വെച്ചുകൊള്ളുക സങ്കീർത്തനക്കാരനെ ഇത് പറയുമ്പോൾ ദാവീതിൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനെ ജയിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ വ്യത്യാസമായിത്തീർന്നോ ഇല്ല അവൻ്റെ ജീവിതം നമ്മൾ നോക്കണം അപ്പൻ്റെ ആടുകളെ മേയിച്ച് വെറുതെ നടന്ന ഒരു ചെറുപ്പക്കാർ ബാല്യക്കാര് അവന് ദൈവം തന്നെയാണ് ഈ കാര്യത്തിലേക്ക് വിളിച്ച് അവനൊരു ഉത്തരവാദിത്വം നൽകും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ച് അവനെ അങ്ങനെ ഇനി വരാൻ പോകുന്ന രാജാവായിട്ട് കൊണ്ടുവരികാൻ പോവുകയാണ് അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഇനിഷ്യേറ്റീവ് ഉണ്ടായത് ദാവിത് അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു മുന്നോട്ടെന്തൊക്കെ സംഭവിച്ചു പല രംഗങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഗോലിയാത്തിനെപ്പോലൊരാളെ നേരിടേണ്ടിയ രംഗം പിന്നീട് ശൗലെന്ന് പറയുന്ന രാജാവിൻ്റെ ശത്രുത ഭയന്ന് താൻ ഗുഹകളിലും മരുഭൂമിയിലും ഒളിച്ചോടിയ രംഗം ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ അപ്പോഴും അതിൻ്റെയൊക്കെ നടുവിലും താൻ തിരിഞ്ഞ് ഈ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പിന്നെയും എഴുതി വെച്ചിരിക്കുക നിൻ്റെ ഭാര്യയുടെ മേൽ വെച്ചുകൊഴുക അവൻ നിന്നെ പുലർത്തും അങ്ങനെ വലുതായിട്ട് പുലർത്തുന്നതായിട്ടൊന്നും അല്ലല്ലോ ചുറ്റുപാടും കാണുന്നത് പക്ഷേ ഈ വാക്യം യാഥാർത്ഥ്യമാണ് എന്നാണ് ദാവീദിന് സ്വന്തം നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയുന്നത് നമുക്കും അതാണ് പറയാൻ കഴിയുന്നത് കഴിഞ്ഞൊരു ദിവസം ഒരു പ്രിയപ്പെട്ടവൻ തൻ്റെ ജീവിതത്തിലെ താൻ കടന്നു പോകുന്ന ഒട്ടേറെ പങ്കുവെച്ചപ്പോൾ താന് എടുത്ത ഒരു ഒരു ഒരു ഉദാഹരണം ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു രംഗമാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന ഞാനൊരു വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുക എതിരാളിയായിട്ടൊരാളുണ്ട് ആ എതിരാളി ഞാനും തമ്മിൽ താരതമ്യം ചെയ്താൽ ആ എതിരാളി ഒരു ഗോലിയാത്തിനെ പോലെ ഒരാളാണ് ഞാനെന്താ ഞാനൊരു ദാവീദിനെ പോലെ ഒരു ചെറിയ ഒരാളാണ് തമ്മിൽ താരതമ്യമൊന്നുമില്ല ആ സോഹനത് പറയുമ്പോൾ വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഒരാറടി പൊക്കത്തിനപ്പുറത്തേക്ക് ഒരാളിങ്ങനെ നട്ടരേ നിൽക്കുക അതിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു പയ്യൻ അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നു ഗോലിയാത്തും ദാവീതും പക്ഷേ കഥയുടെ അവസാനം നമുക്കറിയാം എന്താ സംഭവിച്ചത് ഗോലിയാത്ത് വീണു ദാവീദ ജീവിച്ചു പ്രിയപ്പെട്ടവർ നമുക്ക് ഈ കഥകളെല്ലാം അറിയാം സംഭവങ്ങളെല്ലാം അറിയാം എങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പം ആ പ്രയാസങ്ങൾ വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നേരെ വരുമ്പോൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഭയപ്പെട്ടു പോകാം ഭാരപ്പെട്ടു പോകാം എങ്കിലും ഈ വാക്യം സത്യമാണ് നിൻ്റെ ഭാരം യഹോയുടെ മേൽ അവൻ നിന്നെ പുലർത്തും അവൻ നിന്നെ പുലർത്തും ആ പുലർത്തി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെല്ലാവരും നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് നോക്കാം ദാവിദേ മറ്റൊരു സങ്കീർത്തനം അറുപത്തി എട്ടാം സങ്കീർത്തനം അറുപത്തി എട്ടാം സങ്കീർത്തനം അതും ഭാരത്തെക്കുറിച്ചുള്ള ഒരു ഒരു വാക്യമാണ് അറുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ കണ്ടോ നേരത്തെ നമ്മൾ വായിച്ചത് ഭാരം നമ്മൾ യഹോയുടെ മേൽ വെച്ചുകൊള്ളണം അവൻ നമ്മളെ പുലർത്തുമെന്നാണ് വായിച്ചത് ഇവിടെ വന്നപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയത് പോലെ ദാവീദ് ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനമാണ് അറുപത്തെട്ടാം സങ്കീർത്തനം അവിടെ ദാവീദ് പറയുന്നത് നമ്മുടെ ഭാരങ്ങളുണ്ടല്ലോ ആ ഭാരങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു നമ്മളാ വഹിക്കുന്നതെന്ന് നമ്മൾ ആ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിടണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ ഇവിടെ കണ്ടോ സങ്കീർത്തനക്കാരൻ ദാവീദ് വേറൊരു തലത്തിൽ ഇതിനെ കാണുക നിന്റെ ഭാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭാരങ്ങൾ അത് അത് ഒന്ന് അത് ഡെയിലി ബേസിൽ ഉള്ളത് നാൾ തോറും നേരത്തെ അങ്ങനെ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞപ്പോൾ അങ്ങനെ അത് എടുത്തു പറഞ്ഞിരുന്നില്ല പക്ഷേ ഇവിടെ പറയുന്നു നാൾ തോറും ഓരോ ദിവസവും ഓരോ ദിവസത്തിൻ്റെതായ ഭാരമുണ്ട് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഓരോ ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന കർത്താവും പറഞ്ഞിട്ടുണ്ട് ഭാവിയെക്കുറിച്ച് ഒത്തിരി വിചാരപ്പെടേണ്ട ഓരോ ദിവസത്തിനും അന്നന്നത്തെ ഭാരങ്ങളുണ്ട് അന്നന്നത്തെ പ്രയാസങ്ങളുണ്ട് ഇവിടെ ഇതാ അറുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നാൾ തോറും അപ്പം നമുക്കെന്തുണ്ട് ഓരോ ദിവസവും ഭാരമുണ്ട് ഇന്നലത്തെ ഭാരമല്ല ഇന്ന് ഇന്നലത്തെ ഭാരം ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നുണ്ട് പുതിയ ചില ഭാരങ്ങൾ വരിക പക്ഷേ പേടിച്ചു പോയല്ലേ നിൻ്റെ ഭാരങ്ങളൊക്കെ അത് നിൻ്റെ മേലല്ല കിടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത് അതൊക്കെ വഹിക്കുന്നതാര അത് നമ്മുടെ രക്ഷയായ ദൈവമാണ് അവിടുന്നാണത് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത് അവിടുന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വലിയൊരു സന്തോഷമാണ് അത് നൽകുന്നത് നമ്മൾ പത്രദോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം ഇതിനോട് ചേർത്ത് ചിന്തിച്ചു പോകും നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ ചിന്താകുലങ്ങളെ അവൻ്റെ മേലിട്ടുകൊള്ളുക നമ്മുടെ ചിന്താകുലങ്ങളെ കർത്താവിൻ്റെ മേലിട്ട് നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ മേലിടുക നമ്മളെപ്പോഴും ഇതിനോട് ചേർത്താൽ പറയാറുള്ള കഥയുണ്ടല്ലോ കഥയുണ്ടല്ലോ പലപ്പോഴും നമ്മളിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരാൾ കാളവണ്ടി ഓടിച്ച് പോരുമ്പം ഒരു പ്രായമായ അമ്മച്ചി തലയിലൊരു വലിയ ചുള്ളിക്കമ്പുകളുടെ ഒരു കെട്ടുമൊക്കെ ആയിട്ട് വരും അപ്പോൾ അമ്മച്ചിയോട് ഈ പാവം അമ്മച്ചി ഇത്രയും ഈ വലിയ ചുള്ളി കെട്ട് കമ്പുകളുടെ കെട്ടുമൊക്കെ എടുത്ത് ഈ വിറക് കെട്ടും എടുത്ത് എത്ര ദൂരം നടന്നു പോകണം കാളവണ്ടിക്കാരൻ്റെ ദയ തോന്നി ഏതായാലും ഒഴിഞ്ഞുവണ്ടി പോവുക ഈ അമ്മച്ചയെക്കൂടെ കയറ്റിയേക്കാം എന്ന് വിചാരിച്ച് അമ്മച്ചെക്കൂടെ കാളവണ്ടിയിൽ കയറ്റി അമ്മച്ചി കയറിയിരുന്നു എത്തേണ്ടി അടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞു ആ അമ്മച്ചയെ സന്തോഷമായിട്ട് കയറിയിരുന്നു കുറച്ച് കഴിഞ്ഞ് കാളവണ്ടിക്കാരൻ പാട്ടുമൊക്കെ പാടി കാളവണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി അതിനിടയിൽ അദ്ദേഹം യാദർച്ഛ്യമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആ അമ്മച്ചി കാളവണ്ടിയിൽ ഇരിപ്പുണ്ട് പക്ഷേ അമ്മച്ചയുടെ തലയിൽ ഇപ്പോഴും ആ കെട്ട ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പോൾ ഈ കാളവണ്ടിക്കാരൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു അമ്മച്ചി കാളവണ്ടിയെ കയറിയപ്പോൾ ഈ കെട്ട് എടുത്താ കാളവുണ്ടിയെ വെച്ചാൽ മതിയായിരുന്നല്ലോ അപ്പോൾ അമ്മച്ചി വളരെ നിഷ്കളങ്കതയോടെ പറഞ്ഞു മോനെ നടന്നു വന്ന എന്നെ നീ വണ്ടിയെ കയറ്റിയത് തന്നെ വലിയ കാര്യം പിന്നെ എൻ്റെ കെട്ടിൻ്റെ ഭാരം കൂടെ നിൻ്റെ കാളവുണ്ടി ചുമക്കേണ്ടെന്ന് വെച്ച് ഞാനത് അങ്ങ് ചുമന്നോളാം എന്ന് വിചാരിച്ചു എന്നാണ് കഥ നമുക്കറിയാം പക്ഷേ കഥ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും അങ്ങനെയല്ലേ നമ്മളെ ഒരു കർത്താവ് നാൾ തോറും നമ്മളെ വഹിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ഭാരം നമ്മുടെ തലയുടെ മേളിൽ തന്നെ വെച്ച് കർത്താവിനെ ഒത്തിരി ഭാരപ്പെടുത്തണ്ട ഞാനൂടെ കുറേ ഭാരം വഹിച്ചേക്കാം എന്ന വിചാരത്തിൽ നിൽക്കുന്നത് പോലെയല്ലേ ഈ വാക്യം നോക്കുക നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ് ആണ് കർത്താവാണ് നമുക്കുള്ളത് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലെ ആ വാക്യത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ നമ്മൾ കാണുന്നത് നിൻ്റെ ഭാര്യ മെഹോയുടെ മേൽ വെച്ച് കൊടുക്കുക യുവർ ബർഡൻ അപ്പൗൺ ഗോഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് കാണുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ ഒരു ഒരു വേർഷനിൽ കാസ്റ്റ് വാട്ട് ഹി ഹാസ് ഗവൺ യു അവൻ തന്നെ നിനക്ക് തന്നതെന്താന്നോ അത് എന്ത് ചെയ്തോളാം അവൻ്റെ മേൽ വെച്ചോളാം പറഞ്ഞേക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഭാരം ഒരളവി നമുക്ക് തന്നതാര നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ കുഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വന്ന് പറയുക അമ്മ ഞാൻ പരീക്ഷയ്ക്ക് പിന്നെയും തോറ്റു കണക്കിന് പൂജ്യം മാർക്കാണ് കിട്ടിയത് നമ്മൾ വലിയ തെറ്റ് ചെയ്തിട്ടാണോ കുഞ്ഞിന് പിന്നെയും പൂജ്യം മാർക്ക് കിട്ടിയത് നമ്മുടെ തെറ്റാണോ അല്ല ഓരോ ദിവസവും ഓരോ ഭാരം വരിക അപ്പോൾ ദൈവം അവന് പൂജ്യം മാർക്ക് കിട്ടുമോ അപ്പോൾ ദൈവം തന്നെയാണ് നിനക്ക് ഈ ഭാരം തന്നത് ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാനും അവനെ ധൈര്യപ്പെടുത്താനും ഉള്ള ആ ഒരു ഉത്തരവാദിത്തം നിനക്ക് തന്നത് കാസ് വാട്ട് ഹി ഹാസ് ഗവൺ യു നിനക്ക് അവൻ തന്നതെന്തൊക്കെയാണോ ആ ഭാരങ്ങൾ ആ നീയാണല്ലോ തന്നത് എന്ന് പറഞ്ഞ് ദൈവത്തോട് പെരുവർത്തിരിക്കാതെ ദൈവമായിരിക്കാൻ തന്നത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എങ്കിലും ആ ഭാരങ്ങളും കർത്താവേ എനിക്ക് വെക്കാനൊരിടമേ ഉള്ളൂ നിൻ്റെ ഭാരം യഹോയുടെ മേൽച്ച് വെച്ച് കൊള്ളുക ദൈവമേ നീ എനിക്ക് തന്ന ഭാരങ്ങൾ ഞാൻ നിൻ്റെ മേൽ തന്നെ വയ്ക്കുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ആലും ഈ പ്രിയപ്പെട്ടവരെ ഈ വാക്യങ്ങളൊക്കെ നമ്മളെ നമുക്കറിഞ്ഞുകൂടാത്ത വാക്യങ്ങളോ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യമോ അല്ല ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന വാക്യങ്ങൾ നമുക്ക് വളരെ കാണാപ്പാടമറിയാവുന്നത് പക്ഷെ അങ്ങനെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥം നമ്മളെ ഇപ്പോൾ അങ്ങ് തീണ്ടാതെ പോകും നമ്മളെ തൊടുന്നില്ല ഏഹ് നമുക്ക് ഈ വാക്യങ്ങളെല്ലാം അറിയാം പക്ഷേ ഇതിൻ്റെ എന്തോ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ സ്പർശിക്കുന്നില്ല അതിപരിചയം കൊണ്ട് അങ്ങനെ ചില കുഴപ്പങ്ങൾ വരാം നമുക്കിതെല്ലാം അറിയാം പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം കേട്ടപ്പം നമ്മുടെ മനസ്സിലേക്ക് വന്നതുപോലെ ഇപ്പോൾ വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ ഈ സങ്കീർത്തനത്തിലെ ഈ വാക്യങ്ങളൊക്കെ ഇന്ന് പുതുതായിട്ട് കേൾക്കുന്നത് വളരെ ലാളിത്യത്തോടെ നിഷ്കളങ്കതയോടെ നമുക്ക് ഈ വാക്യങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് പോകാം ഈ വാക്യങ്ങൾ വെറുതെ പറയുന്ന വാക്യങ്ങളല്ല നമ്മൾ വിശ്വസിക്കുന്നത് ദൈവവചനം അത് ദൈവത്തിൻ്റെ തന്നെ വായിൽ നിന്നുള്ള വാക്കുകളാണല്ലോ അത് കേവലം എഴുതപ്പെട്ട ലോഗോസ് എഴുതപ്പെട്ട വചനമായിട്ടല്ല ഇരിക്കേണ്ടത് അതിനപ്പുറത്തെന്താ അത് ദൈവം തന്നെ പറയുന്ന റീമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എന്താ ഈ പറയുന്നത് നമുക്കറിയാം നമ്മൾ എപ്പോഴും മലയാള ബൈബിളിൽ ഒരു വിഷമം വന്നാൽ നമ്മൾ ഏതിലേക്ക് പോകും ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകും ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു വാക്യം വ്യക്തത ഇല്ലാതെ വന്നാൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ പഴയ മൂലഭാഷകളിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മൂലഭാഷയിൽ ഇതാ ദൈവത്തിൻ്റെ ആ വചനത്തിന് രണ്ട് വാക്കുകളാവുള്ളത് ഒരു വാക്കെന്ന് പറയുന്നത് ലോഗോസ് ലോഗോസ് കൂടുതൽ പരിചിതമായ ഒരു വാക്കാ ലോഗോസ് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആദിയിൽ വചനം വചനം എന്നാൽ ചിലടത്ത് മൂലഭാഷയിൽ വചനത്തിന് വേറൊരു വാക്ക് കൊടുക്കും എന്താ റീമ എന്നൊരു വാക്ക് കൊടുക്കും ലോഗോസ് എന്ന് പറയുന്നത് അതിൻ്റെ എഴുതപ്പെട്ട രൂപമാണെങ്കിൽ റീമാ എന്ന് പറയുന്നത് എന്താ അതിൻ്റെ വാഗ്രൂപം അതിൻ്റെ വാക്കിലൂടെ പറയുന്ന ഒരു കാര്യമാണ് ഹൃദയത്തോട് കൂടുതൽ അടുത്ത് നിൽക്കേണ്ടത് പലപ്പോഴും നിൽക്കുന്നത് പലപ്പോഴും റീമയാണ് നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വചനം ദൈവം തന്നെ എടുത്ത് പറഞ്ഞതുപോലെയാണ് റീമ ലോഗോസ് എന്ന് പറയുന്നതോ ലോഗോസ് എന്ന് പറയുന്നത് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനങ്ങളെല്ലാം നോ ഈ വചനങ്ങളെല്ലാം ബൈബിളിലുള്ള വചനങ്ങളെല്ലാം ലോഗോസാണ് പക്ഷേ ആ ലോഗോസ് വായിച്ച് വായിച്ച് വായിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സഹോദര സഹോദരി നീ ഒരു വിഷമത്തിലായിരിക്കുമ്പോൾ നീ അതുപോലെ ഒരു നീടിലായിരിക്കുമ്പോൾ അതിലോ അതുപോലെ ഒരു ആവശ്യബോധത്തിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ വചനം എന്തു ചെയ്യും ഈ വചനം ദൈവം തന്നെ നിന്നോട് നേരിട്ട് പറയുന്നത് പോലെ നിനക്ക് തോന്നും അതാണ് റീമ ലോഗം എന്തായി തീർന്നു റീമയായി തീർന്നു നമ്മളെ ജീവിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് എന്തു ചെയ്യുന്നത് നമ്മളെ ജീവിപ്പിക്കുന്നത് അപ്പ അപ്പത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഏ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അവിടെ ഉപയോഗിച്ചേക്കുന്നത് റീമ എന്ന് പറയുന്ന വാക്കാണ് വായിൽ നിന്ന് വരുന്ന വചനം ലോഗോസ് അല്ല നമ്മളെ ജീവിപ്പിക്കുന്നത് ലോഗോസിനെ റീമേ ആക്കി ദൈവത്തിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വചനമായിട്ട് നമ്മൾ എടുക്കണം ഇവിടെ ഇത്രയും പേര് കൂടിയിരിക്കുന്നു ഈ ലോഗോസ് ഞാൻ വായിച്ച് കേൾപ്പിക്കുക ഇത് എത്ര പേര് റീമേ ആയിട്ട് കൈക്കൊള്ളും ദൈവത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വചനം നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വചനം നിൻ്റെ ഭാരങ്ങൾ മേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും നാൾ തോറും നിൻ്റെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ് ഈ വചനങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് നമുക്കായിട്ട് നിന്നോട് ദൈവം നേരിട്ട് പറയുന്നതായിട്ടെടുക്കുമ്പോൾ അത് നമ്മളെ ജീവിപ്പിക്കും അതാ മാത്രമേ നമ്മളെ ജീവിപ്പിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സങ്കീർത്തനം എഴുതിയ ദാവീതാണല്ലോ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുടെ ശ്ചാത്തലത്തിൽ നിന്നാണ് ഇത് എഴുതിയത് എന്ന് നമ്മൾ പറഞ്ഞു ദാവിദ് ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ഭാരങ്ങളെ പ്രയാസങ്ങളിലൂടെ തന്നെ കടന്നുപോയിട്ടുണ്ട് ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾ തന്നെ ശക്തീകരിച്ചിട്ടുണ്ട് തനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ വചനമാണ് തനിക്ക് റീമേ ആയിട്ടായിരിക്കും കിട്ടിയത് അത് താൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ലോഗോസ് ആയിരിക്കുന്നു ആ ലോഗോസിനെ വീണ്ടും ഇന്ന് ഇരുപത്തൊന്ന് ഇത്രയും നൂറ്റാണ്ടിന് ശേഷം നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിനെ വീണ്ടും ദൈവത്തിൻ്റെ വായിൽ നിന്ന് തന്നെയുള്ളൊരു വചനമായിട്ട് കേട്ട് അത് നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ നമ്മളെ ഉറപ്പിക്കട്ടെ ദാവീതിനെ പോലെ തന്നെ ആവശ്യമില്ലാതെ പീഡിപ്പിക്കപ്പെട്ട വേറൊരു കഥാപാത്രത്തെ നമ്മൾ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് അത് ജോസഫാണ് ജോസഫാണ് ഈ ബൈബിളിലെ കഥാപാത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ആരാ ഏ ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ ചില കുഴപ്പമുണ്ട് എന്താ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകളി നിങ്ങൾ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ചോദ്യങ്ങളൊക്കെ ആട്ട ഇത്രയും കഥാപാത്രങ്ങളുണ്ടല്ലോ പഴയ നിയമത്തിലൊക്കെ ദാവി ഇത് ഇതിലൊക്കെ നീക്ക പ്രിയപ്പെട്ട കഥാപാത്രം ആരാ ഏ ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല ഞാൻ തന്നെ പറയാം ജോസഫ് ആണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം എന്നുവെച്ചാൽ ദാവിദിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില റിമാർക്ക് പറയാനുണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു റിമാർക്ക് പോലും നമുക്ക് പറയാനില്ല ചിലർ പറയാറുണ്ട് ഒരു റിമാർക്ക് പറയാറുണ്ട് അതായത് അവൻ്റെ സഹോദരന്മാരുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ അതെല്ലാം കൂടെ ഇവൻ്റെ കറ്റയുടെ മുമ്പ് വീണു വീണു അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു ഹിഡനായ ഒരു നികളുണ്ട് അതൊരു റിമാർക്കായിട്ട് ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട് പോട്ടെ ജോസഫിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ കൊച്ചൻ അവൻ കണ്ട ഒരു സ്വപ്നവും പറഞ്ഞു എന്ന് ലളിതമായിട്ട് നമ്മളങ് എടുത്താൽ മതി തിയോളജിയൻസ് പറയുന്ന പോലെ അതിൻ്റെ തലനാഴിഴയൊന്നും നമ്മൾ കീറണ്ട അപ്പോൾ അത് ഒഴിവാക്കിയാൽ അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് അവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പക്ഷേ പീഡനങ്ങളോ ഏതെല്ലാം തരം പീഡനങ്ങളിലൂടെ അവൻ കടന്നുപോയി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റി നിർത്തുമ്പോഴാണ് നമുക്ക് വിഷമം കൂടുന്നത് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ കണ്ടില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ നമ്മുടെ സ്വന്തം സഹോദരൻ തന്നെ നമുക്കെതിരെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ആൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധങ്ങൾ തന്നെ നമ്മളെ കണ്ടില്ലായെന്ന് നടിക്കുമ്പോഴാണ് വിഷമം വരിക ആ തീവ്രമായ വേദനയിലൂടെ കടന്നു ആളാണ് ജോസഫ് അവൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ് അവനെന്ത് ചെയ്തത് അവനെ ഒറ്റപ്പെടുത്തിയതും അവസാന വിഷ്മേല്യ കച്ചവടക്കാർക്ക് വിറ്റതും എല്ലാം അവൻ ചെന്നിടത്തും സ്വന്തം വീട് പോലെ തന്നെ കരുതി ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുമ്പോൾ അവിടെ നിന്നും അവൻ എന്തായി എന്തായി അവനെ ഒറ്റ കൊടുത്ത് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു പൊത്തിഫേറിൻ്റെ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം അങ്ങനെയൊക്കെ നിരന്തരം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ജോസഫ് ജോസഫ് ഒരു സങ്കീർത്തനം ജയിച്ചിട്ടില്ല പക്ഷേ ഈ സങ്കീർത്തനം ഒന്നും ജോസഫ് കണ്ടിട്ടുമില്ല കാര്യം ജോസഫിൻ്റെ കാലത്തിനൊക്കെ ശേഷമാണ് ദാവി ദീ സങ്കീർത്തനം ജയിച്ചത് എങ്കിലും ജോസഫ് എന്ത് ചെയ് വിചാരിച്ചു തന്നെ ആ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നവനറിയാമായിരുന്നു പക്ഷെ അവനെന്ത് വിചാരിച്ചു നാൾ തോറും തൻ്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ മേൽ തന്നെ ഇടാൻ അവന് ചിലപ്പം കഴിഞ്ഞെന്ന് വന്നിട്ടില്ല നമ്മളൊരു രംഗം ഓർക്കുന്നുണ്ടല്ലോ ജോസഫ് ജോസഫ് അവിടെ പാനപാത്രവാഹകനോട് സംസാരിക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം നാൽപ്പതാമത്തെ അധ്യായത്തിൽ ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലായി കാരാഗ്രഹത്തിലായപ്പം അവിടെ ആ കാരാഗ്രഹത്തിൽ ആരൊക്കെയുണ്ട് ഫറവോൻ്റെ രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഒന്ന് പാനപാത്രവാഹനും മറ്റേത് അപ്പക്കാരുടെ പ്രമാ പ്രമാണിയും ഈ രണ്ട് പേരുണ്ട് അവർ രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടു ജോസഫ് എന്ത് ചെയ്തു ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കറിയാവുന്ന കഥയാണ് അവസാനം ഇതിൻ്റെ അകത്ത് ഈ രണ്ട് പേരിൽ ഒരാൾ തിരിച്ച് ഫർവോൻ്റെ കൊട്ടാരത്തേ വരും അതാരാ പാനപാത്രവാഹ അദ്ദേഹം തിരിച്ച് പഴയ ജോലിയിലെത്തും എന്നാൽ അപ്പക്കാരുടെ ആ പ്രമാണി അവനെ തൂക്കിക്കൊന്നുകളയും എന്നൊക്കെയുള്ള സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജോസഫ് തന്നെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ജോസഫ് ജോസഫ് പറയുന്ന ഒരു കാര്യം ഒരു ഒരു ഒരു പറയാനാണ് ഞാൻ ഈ ഈ അധ്യായത്തിലേക്ക് വന്നത് നാൽപ്പതാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നീയെ തിരിച്ച് പാനപാത്രവാഹകനായിട്ട് മടങ്ങിവരും നീ തന്നെ ഫർവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ജോസഫ് തനിക്കായിട്ടൊരു അഭ്യർത്ഥന ആരുടെ മുമ്പാകെ വെക്കുന്നു പാനപാത്രവാഹകൻ്റെ മുമ്പാകെ വയ്ക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ എന്നെ എബ്രാഹിമറുടെ ദേശത്ത് നിന്ന് കട്ട് കൊണ്ടുപോകുന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആ വാക്യം ശ്രദ്ധിക്കുമ്പം എത്ര വട്ടം എന്നെ എന്നെ എന്ന് പറയുന്നുണ്ട് ഞാൻ ഐ എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ എന്നോട് ദയ എൻ്റെ വസ്തുത ബോധിപ്പിക്കണേ എന്നെ ഈ പാട്ടി നിന്ന് വിടുവിക്കണേ എന്നെ എബ്രാഹിമറുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് പോയതായിരുന്നു ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ലേ എന്നെ ഇവിടെ ഇടേണ്ടതിന് ഞാനിവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല ആകെപ്പാടെ രണ്ട് വാക്യങ്ങളിലാണ് പക്ഷേ ഏഴോ എട്ടോ എട്ടോ ഐ ഐ എന്താ ആ ഹൃദയം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ആഫീസിൽ നിൽക്കുകയായിരുന്നു ആ സർക്കാർ ആഫീസിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരോട് പറയും അപ്പോൾ സാറേ സാറേ എൻ്റെ സാറേ എൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം സാറേ സാറിനോട് ഞാൻ സാറിനോട് ഞാൻ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആകെ ഒരു മിനിറ്റേ പറഞ്ഞോളൂ പക്ഷേ എത്ര സാറേ വിളിച്ചു സാറേ സാറേ സാറേ ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ ആളുകളുടെ വികാരങ്ങൾ വരുമ്പോൾ അവർക്ക് ചില വാക്കുകൾ അങ്ങ് റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ജോസഫ് ഇവിടെ പറയുക എന്നെ ഓർത്തോണേ എൻ്റെ വസ്തുത എന്നോട് ദയവ കാണിക്കണേ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ എന്നെ ഇബ്രാഹത്ത് എന്നെ എന്നെ എന്നെ ഞാൻ ഞാൻ ഞാൻ ഇതിലൂടെ എല്ലാം ജോസഫ് പറയാൻ ആഗ്രഹിച്ചെന്താ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിനക്കറിയാമല്ലോ നീ ഏതായാലും അവിടെ ചെന്ന് ഫറവൻ്റെ അവിടെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഫറവനോട് പ്രത്യേകം പറഞ്ഞ് എന്നെക്കൂടി ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഈ കുണ്ടറയുന്നൊന്ന് വിടുവിച്ച് എന്നെക്കൂടെ എന്തെങ്കിലും ഒരു പണി ആ എനിക്കിങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു പണികളൊക്കെ അറിയാം ഇതിൽ ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന പണി എനിക്കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ നമ്മൾ ചിലപ്പോൾ ആളുകളോട് പറയല് ചില ആളുകളോട് പറയല് നമുക്ക് പരിചയമുള്ള ചില ആളുകളോട് അവർ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളോട് നമ്മൾ പറയും എന്തോ ചെയ്യും എൻ്റെ കാര്യം കൂടെ ഓർത്തണേ നമ്മൾ ഇന്നിൻ്റെ പോലൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ അകത്ത് ഒരു തെറ്റൊന്നുമില്ല ജോസഫ് ഇതിന് പറഞ്ഞതിൻ്റെ അകത്തൊരു തെറ്റൊന്നുമില്ല പക്ഷെ ജോസഫ് ഇവിടെ തൻ്റെ പാരം ആരുടെ മേലാ ഇട്ടത് ദൈവത്തിൻ്റെ മേലല്ല ഇട്ടത് അവിടെ പാനപാത്രവാഹകന്റെ മേലായിട്ടത് പാനപാത്രവാഹകൻ എന്തു ചെയ്തു പാനപാത്രവാഹകൻ അവിടുന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ കഴിഞ്ഞ കാര്യമെല്ലാം അദ്ദേഹം അങ്ങ് മറന്നുപോയി രണ്ട് കൊല്ലം കഴിഞ്ഞ് അവസാനം പർവനൊരു സ്വപ്നം കണ്ടപ്പോഴാണ് പാനപാത്രവാഹകൻ പറയുന്നത് അയ്യോ ഞാനിപ്പോഴെൻ്റെ കുറ്റം ഓർക്കുന്നു അതിൻ്റെ നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫർവനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു എന്താ ഞാൻ പണ്ട് ഫർവനെ കാരാഗ്രഹത്തിലിട്ടില്ലേ അന്ന് എന്നോട് ഒരുത്തൻ ഒരു കൊച്ചൻ ഒരു എബ്രായ പയ്യൻ എന്നോട് വളരെ മാന്യമായിട്ട് പെരുമാറി അവൻ എന്നോടൊരു സ്വപ്നം ത്തിൻ്റെ അർത്ഥമെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അച്ചട്ടായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ എന്നോട് പ്രത്യേകം അവൻ പറഞ്ഞതാണ് എന്താ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് പറവനോട് പറഞ്ഞ് എന്നെ ഇവിടുന്ന് വിടുവിക്കണേന്ന് പറഞ്ഞതാണ് ഞാനെന്തോ ചെയ്തു ഞാനങ്ങ് എൻ്റെ പറവനെ ഞാനങ്ങ് മറന്നുപോയി എൻ്റെ രാജാവെ ഞാനങ്ങ് മറന്നുപോയി എൻ്റെ കുറ്റം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവനൊരു നല്ല കൊച്ചനായിരുന്നു നല്ല കൊച്ചനായിരുന്നു ഞാൻ എൻ്റെ കുറ്റം ഇപ്പോൾ ഓർക്കുന്നു ഇപ്പം ഫർവനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഇവിടെ അങ്ങ് ഒറ്റ ഒരാളും ഇല്ലെന്ന് വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പണ്ട് എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരു കൊച്ചൻ ഇവിടെ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ഇതിനിടയിൽ എത്ര നാൾ കടന്നുപോയി രണ്ട് കൊല്ലം കടന്നുപോയി ഈ കൊല്ലം ഇത്രയും നാൾ ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇത് ഓർത്തില്ല ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ഈ പാനപാത്രവാഹനെ ഇത് ഓർക്കാൻ സമ്മതിച്ചില്ല ദൈവം തന്നെ അത് അനുവദിച്ചില്ല എന്തെയും അനുവദിക്കാഞ്ഞത് ശരി ഈ പാനപാത്രവാഹൻ അന്ന് കയ്യോടെ ജയിലിൽ നിന്ന് തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നുടനെ കൃത്യമായിട്ട് ഓർത്ത് ഫറവനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ജോസഫ് എന്തായിപ്പോയനി ജോസഫിനെ അവിടെ നിന്നൊക്കെ വിടുവിച്ചു കൊണ്ടുവന്നേ എന്നിട്ട് രാജാവ് പറഞ്ഞേനെ ആ ഏതായാലും നീ പാനപാത്രവാഹന അല്ലേ കൊച്ചനെ കൊള്ളാം മര്യാദക്കാരനാന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു ജോലി കൊടുത്തേ അവനവിടെ മര്യാദക്കാരനായിട്ട് ജോലി ചെയ്ത് അവസാനം ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫറോൻ്റെ കൊട്ടാരത്തിലെ ചീഫ് കുക്കോ ചീഫ് ബഡ്ലറോ വലിയ ആയിത്തീർന്നേ ഇട ഇവനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താ ഇവനെ അവിടുത്തെ മന്ത്രിയാക്കാനിരിക്കുക അപ്പോഴാണോ ഇവനെ ചീഫ് കുക്കാക്കി കൊണ്ടുവരാനുള്ള ആ പരിപാടി അതുകൊണ്ടാണ് ദൈവം അതെന്ത് ചെയ്തത് ഈ പാനപാത്രവാഹകനെ കൊണ്ട് മറക്കാനിടയാക്കിയത് എന്ന് നമുക്ക് പറയരുതോ സഹോര സഹോരേ ഇതൊക്കെ എന്തിനാണ് എഴുതി വച്ചേക്കുന്നത് ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രായോഗിക ജീവിത യാഥാർത്ഥ്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അത് റീമേ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇന്ന് സഹോദര നിൻ്റെ മനസ്സിലെ വിഷമം സഹോദരി നിൻ്റെ മനസ്സിലെ വിഷമം ഞാൻ അവിടെ ഉള്ള ഗൾഫിലുള്ള എൻ്റെ ബന്ധുവിനോട് ഒരു വിസയുടെ കാര്യം പറഞ്ഞിട്ട് വർഷം രണ്ടായി ഇതേ വരെ അത് ശരിയായിട്ടില്ല പുള്ളിക്കാരൻ മറന്നുപോയെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നീ അരിശപ്പെട്ടും വിഷമിച്ചു ജോസഫിൻ്റെ കാര്യം മറക്കാൻ പാനപാത്രവാഹനെ അനുവദിച്ച ഒരു ദൈവമാണ് നിന്റെ ദൈവം ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട് ദൈവത്തിന് വേറെ ഒരു പദ്ധതിയുണ്ട് അത് വിശ്വസിക്ക് നിന്റെ ഭാരം അവൻ്റെ മേലെ ഇട്ടുകൊള്ളുക ഹാല ലൂയ്യ ദൈവം ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു നമ്മൾ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തില് ഈ ജോസഫിൻ്റെ അനുഭവം ചേർത്ത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇതാ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നൂറ്റിയഞ്ചാം സങ്കീർത്തനം നൂറ്റിയഞ്ചാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ പറയുക അതിൻ്റെ പതിനേഴ് പതിനെട്ടാം വാക്യങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി ദൈവം എന്തോ ചെയ്തു ദൈവം ദേശത്തൊരു ക്ഷാമം വരുത്തി ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം വന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു അവർക്ക് അവൻ ദൈവം ഒരാളെ അയച്ചു അതാരായിരുന്നു ജോസഫിനെ എന്നിട്ട് മുമ്പേ അയച്ച ആൾ ദൈവം അയച്ച ആളിനെ നെക്കുറിച്ച് നമ്മളുടെ പ്രതീക്ഷ എന്താ ദൈവം അയച്ച ആളല്ലേ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും താലപ്പൊലിയുമായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് തൊട്ടടുത്ത് രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷയോടെ നമ്മൾ വായിക്കുമ്പോൾ എന്താ അവർക്ക് മുമ്പായി അവൻ അവൻ എന്ന് പറയുന്ന ആരാ ദൈവം സർവ്വശക്തനായ ദൈവം ഒരാളെ അയച്ചു സർവ്വശക്തനായ ദൈവം അയച്ച ആളാണ് ആരെ ജോസഫ് അങ്ങനെ ദൈവം വായിച്ച് ഒരാൾ വരുമ്പോൾ അവരെ കൊട്ടും കുരവെയുമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ സ്വീകരിച്ച് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു എന്ന് വായി എന്നാണ് അടുത്തെഴുതുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അടുത്തെഴുതിയേക്കുന്നത് എന്താ അവനെ ദാസനായിട്ട് വിറ്റു ആരെയാണ് ദൈവം വായിച്ച അദ്ദേഹത്തെ വിറ്റത് ദാസനായിട്ട് വിറ്റു ഓക്കെ യേഹോ എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ യേഹോയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുങ്ങുകയും ചെയ്തു നമ്മൾ പലപ്പോഴും ഈ വാക്യം വായിച്ചിട്ടുണ്ടല്ലോ ഇവിടെ മലയാളത്തിലുള്ളതിനേക്കാളും ഇംഗ്ലീഷിൽ ഒരു വെർഷനിൽ നമ്മൾ കാണുന്നത് ഐ എൻ ഇൻ ഹിസ് സോൾ അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുങ്ങി അവൻ അവിടെ ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഇരുമ്പ് അവൻ്റെ ആത്മാവിലേക്ക് ചെന്നു എന്ന് എന്നുവെച്ചാൽ ഈ ലോകത്തെ ഏറ്റവും കാഠിന്യമുള്ള ഉറപ്പുള്ള എന്താ ഉറപ്പുള്ളത് ഇരുമ്പു ഉരുക്കൊക്കെയല്ലേ നല്ല ഉരുക്കുപോലെ ചിലരെ പറയില്ലേ അവൻ്റെ ശരീരം നല്ല ഉരുക്കു പോലെ ഉരുക്കിൻ്റെ പ്രത്യേകത എന്താ ഉരുക്കിൻ്റെ ഇരുമ്പിൻ്റെ പ്രത്യേകത എന്താ നല്ല ഉറപ്പുള്ളതാ എന്ന് പറഞ്ഞതുപോലെ ജോസഫ് ഈ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത് പക്ഷേ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ ഇവനെ ശക്തനാക്കി തീർക്കണം ഇവനൊരു ചെറുപ്പക്കാരൻ ബാല്യക്കാരൻ ജീവിതത്തിൻ്റെ പരിവരുത്ത വശങ്ങൾ അധികം കണ്ടിട്ടില്ല പക്ഷേ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അയൺ എൻ്റെ ഹിസോൾ അവൻ്റെ ആത്മാവിലേക്ക് തന്നെ ഈ ഉരുക്ക് പ്രവേശിച്ചു അവനെ ഒരു ഉരുക്ക് മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ഈ പറഞ്ഞതുപോലെ കാരാഗ്രഹവാസം എന്നാണ് നമ്മളിവിടെ വായിച്ചത് അതുകൊണ്ടാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവം പാനപാത്രവാഹനെ ഇവൻ്റെ കാര്യം മറന്നു അനുവദിച്ചു അതേസമയം പാനപാത്രവാഹൻ നേരത്തെ ഓർത്തിരുന്നെങ്കിൽ ഇവൻ്റെ ആത്മാവിൽ ഈ ഒരു ഉരുക്ക് കിടക്കുകയും അവനൊരു ശക്തനായ ഒരാളായി തീരുകയും ചെയ്യുമായിരുന്നോ ചെയ്യുകയില്ലായിരുന്നു പാനപാത്രവാഹൻ നേരത്തെ അവനെ ഓർത്തിരുന്നെങ്കിൽ പരമാവധി അവന് ചെയ്യാൻ അവന് ചെന്നെത്താൻ കഴിയുന്നത് ഫറോൻ്റെ കൊട്ടാരത്തിലെ ഒരു ചീഫ് ബട്ട്ലർ അല്ലെങ്കിൽ ചീഫ് കുക്ക് രാജാവ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആ കുക്കിനെ ഒന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ അവിടെ അടുക്കളയിൽ നിന്ന് കരിപുരൻ്റെ തുണിയൊക്കെ ആയിട്ട് ജോസഫ് ഓടിവരുന്നു ആ നീ ആയി നീ പായസം വെച്ചതല്ലേ വേണ്ടേ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവ് വല്ലപ്പോഴും ഒരു ബെഡ്ഷീഷ് കൊടുക്കും അത് വാങ്ങിച്ച് പോകലിട്ട് രാജാവിനെ തൊഴുത് പോകേണ്ടവനാണ് ഈ പാനപാത്രവാഹകൻ അന്ന് ഓർത്തിരുന്നെങ്കിൽ ഈ ജോസഫ് എന്നാൽ പാനപാത്രവാഹകനെ ദെയ്യോ എന്തോ ചെയ്തു അത് മറക്കാനിടയാക്കി അവൻ ഇന്ന് പറയുന്നു നാൽപ്പത്തി ഒന്നിൻ്റെ നമ്മൾ വായിച്ചെടുത്ത് കണ്ടല്ലോ ഇപ്പോൾ ഞാനെൻ്റെ കുറ്റം ഓർക്കുന്നു എന്നോട് ഈ കൊച്ചം വളരെ ഭംഗിയായിട്ട് പറഞ്ഞതാണ് ചെല്ലുമ്പോൾ ഒന്ന് ഓർത്തോണേ ഒന്ന് പറഞ്ഞോണേ സഹോര സഹോരി നിൻ്റെ കാര്യം ചിലർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട പേടിക്കണ്ട സഹോദര നിൻ്റെ കാര്യം ചിലർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാൻ അനുവദിച്ചത് ദൈവമാണെന്ന് കരുതി കൂടെ അല്ലെങ്കിൽ ഈ ഇതെല്ലാം ഇന്തിനാ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ധൈര്യത്തിന് നമുക്ക് പ്രത്യാശയ്ക്കുമല്ലേ പോട്ടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പല കഥാപാത്രങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് ദൈവമാണ് നമുക്കായിട്ട് കരുതുന്നെങ്കിൽ മനുഷ്യൻ കരുതുന്നത് പോലെയല്ല മനുഷ്യനാണെങ്കിൽ ഇത്രയ്ക്ക് ഇത്രേ ചെയ്യുകയുള്ളൂ ദൈവമാണെങ്കിലോ നമ്മൾ മറ്റൊരാ മറ്റൊരു സംഭവം നോക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതി നാലാമത്തെ വാക്യം അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളം എടുത്ത് ആകാറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു കണ്ണി ചോരയില്ലാത്ത ഒരു രംഗമായി ഇപ്പോൾ നമ്മൾ വായിച്ചത് എന്താ അബ്രഹാം അബ്രഹാമിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു തരത്തിലാണല്ലോ എന്നാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു നമുക്കറിയാം ഇസ്മായേൽ ജനിച്ചു ഇസ്മായേൽ എന്താ അവൻ പരിഹാസി ഇസാക്ക് ജനിച്ചപ്പോൾ ഇസാക്കിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി സാറ പറഞ്ഞു ഇത് നടക്കുകയില്ല വാഗ്ദത്ത സന്തതിയെ ജടീക സന്തതി ഈ നിലയിൽ പീഡിപ്പിക്കുന്നത് ശരിയല്ല അബ്രഹാമിനെ അത് ബോധ്യമായി സംഗതിയൊക്കെ ശരിയാണ് അവസാനം അബ്രഹാം എന്ത് തീരുമാനിച്ചു ഈ ഹാഗാറിനെയും ഇസ്മായേലിനെയും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട് തീരുമാനിച്ചു നമ്മളെപ്പോഴും അബ്രഹാമിൻ്റെ കൂടെ അല്ലേ അബ്രഹാമിൻ്റെ കൂടെ എന്നാൽ ഒരു നിമിഷം നേരത്തേക്ക് നമുക്ക് അബ്രഹാമിൻ്റെ പക്ഷത്തുനിന്ന് ഹാഗാറിന്റെ പക്ഷത്തേക്കൊന്ന് കൂറുമാറിയാലോ ഈ രംഗം ഒന്ന് ഓർത്ത് നോക്കും പാവം ഹാഗാർ അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ ഒരു ദാസിയായിട്ട് അവിടെ വന്നു അവളുടെ യജമാനത്തിൽ തന്നെയാ പറഞ്ഞത് യജമാനൻ്റെ കൂടെ അവനൊരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് നിനക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഈ കാര്യത്തിലൊക്കെ എല്ലാം കൊണ്ടുവന്നത് സാറായി തന്നെയാണ് അവളെ ഒരു തെറ്റ് ചെയ്തില്ല ഒരു കുഞ്ഞ് ജനിച്ചു അവൻ ജ ജനിച്ചു വളർന്ന് ഇത്രയും നാളായി ഇപ്പോഴിതാ ഒരു സുപ്രഭാതത്തിൽ താൻ പ്രിയം വച്ച താൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഭർത്താവിൻ്റെ സ്ഥാനത്തുള്ള അബ്രഹാം എന്ത് ചെയ്യുന്നു അബ്രഹാം കുറച്ച് അപ്പവും കൊടുത്തു ഒരു തിരുത്തി വെള്ളവും പിടിച്ച് തോളത്ത് വെച്ചേച്ച് ഈ കുഞ്ഞിനെയും കൈ കൊടുത്തു കാരണം അവിടെ നമ്മൾ അതെല്ലാം വളരെ ബൈബിള് വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ വളരെ പച്ചയായിട്ട് അങ്ങ് രേഖപ്പെടുത്തിയിരിക്കുക അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളം എടുത്ത് ഹാകാറിൻ്റെ തോളി വെച്ചു എന്നാൽ അവിടെ വരെ ഞാൻ നീച്ചിരദൂരം നടക്കാനുണ്ടല്ലോ ഞാൻ കുറച്ച് ദൂരം ഈ തുരുത്തി വെള്ളവും കൊണ്ട് പുറകെ വരാം എന്നൊന്നും പറഞ്ഞില്ല ഈ ഒരു തുരുത്തി വെള്ളമുണ്ട് അത് പിടിച്ച് ആരുടെ തോളത്ത് വെച്ചു ആകാറിൻ്റെ തോളത്ത് വെച്ചു എന്നിട്ട് ഉടനെ തന്നെ കൊച്ചിനെയും കൈക്ക് പിടിച്ചു കുട്ടിയേയും കൊടുത്ത് കൊട്ടിയേയും അതാ കുട്ടിയേയും കൂടെ കൈക്ക് പിടിച്ച് അവിടെ കൈ കൊടുത്തുവച്ച് പൊക്കും എന്ന് പറഞ്ഞു അവൾ എന്തു ചെയ്യും പരിചിതമല്ലാത്ത നാട് അല്ലെങ്കിൽ മരുഭൂമി ഈ ഒരു വെള്ളവുമായിട്ട് ഈ കരയുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരം പോകും അവൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്താ വെള്ളം വേഗം തീർന്നു പോയി കുട്ടി എന്ത് ചെയ്തു കുട്ടി കരയാൻ തുടങ്ങി മരുഭൂമിയാണ് മരുഭൂമിയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമുക്കിതൊന്നും പണ്ട് മനസ്സിലാകുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ മാറി ചൂട് കാലം ആയപ്പോൾ ഇപ്പോൾ നമുക്കും മരുഭൂമിയെക്കുറിച്ചും ഒക്കെ ചൂടിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ അനുഭവം നോക്കുക വളരെ വേഗത്തിൽ ഈ ഒരു തിരുത്തി വെള്ളം തീർന്നു കുട്ടി കരയുകയാണ് ഈ സ്ത്രീ എന്തു ചെയ്യും അവൾക്കാരെയാണ് പരിചയം അവൾക്കാകെ പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നാണ് അവളെ പടിയ പടിയടച്ച് പിണ്ടം വെച്ച് വിട്ടേക്കുന്നത് ഒരു തുരുത്തി വെള്ളവും തന്നിട്ടുണ്ട് വെള്ളം തീർന്നു കുട്ടിയെ എന്ത് ചെയ്തു കുട്ടിയെ തണലത്തിട്ടിട്ട് ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അവളെ മുന്നോട്ട് മാറി ഉടനെ അവളുടെ അവളുടെ ആ വിഷമം ആര് കണ്ടു ദൈവം കണ്ടു ദൈവം കണ്ട് ദൈവം അവളോട് പറഞ്ഞു ദൈവം അവളോട് പറയുന്നു ആ ഭാഗം ഞാനതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്നതുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു അബ്രഹാം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി വളരെ ത്യാഗം സഹിച്ച് എന്തോ ചെയ്തു ഒരു തുരുത്തി വെള്ളം ഇവിടെ തോളത്ത് വെച്ച് കൊടുത്തു ദൈവമോ ദൈവമോ ഒരു നീരുറവ് കൊടുത്തു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ നമുക്കെന്തോ തരും കൂടി പോയാൽ ഒരു തുരുത്തി ഒരു തുരുത്തി വെള്ളം തരും ദൈവമോ ദൈവം ഒരു നീരുറവ് തന്നെ ഒരു നദി തന്നെ നമുക്ക് തന്നു പോരെ ദൈവം തരുന്നതും മനുഷ്യൻ തരുന്നതും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യൻ സ്നേഹമുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിനും ചെയ്യാൻ കഴിയുന്നത് എന്താ ഒരു തുരുത്തി വെള്ളം തരുമ്പോൾ ദൈവം തരുമ്പോഴോ ദൈവം തരുമ്പം ഒരു നദി തന്നെയാണ് നമുക്ക് തരുന്നത് ഒരു നീരുറവ് നീരുറവ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് മരുഭൂമിയിലെ നീരുറവ് ഇത്രയും ഉഷ്ണത്തെ ഉഷ്ണത്തെ അതിജീവിച്ച് ഒരു നീരുറവ് വന്നാൽ അതൊരിക്കലും വറ്റുന്ന നീരുറവയല്ല നിരന്തരമായ ഒരു ഒഴുക്കുക ഓരോ സെക്കൻഡിലും എത്ര വെള്ളമാണ് ഒഴുകിപ്പോകുന്നത് അതാണ് ദൈവം കൊടുത്തത് പ്രിയപ്പെട്ടവരെ സഹോര സഹോരി ഇതൊക്കെ വെറും കഥയാണോ ഇത് നമ്മുടെ ജീവിതമാ നമുക്ക് പറയാം കർത്താവ് ഈ ലോകം പലപ്പോഴും നമുക്കൊരു തുരുത്തി വെള്ളം തരും പക്ഷേ ഒരു നീരുറകു തന്നെ തരുന്നവനാണ് നീ എന്ന് നമുക്ക് പറയാം നമുക്ക് ദൈവത്തെ അസ്തുതിക്കാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ ഇതിൽ ചിതറി എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് നമുക്കതുപോലെ തന്നെ നോക്കാം ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരും നമ്മളിപ്പോൾ വായിച്ചത് അതിലേക്ക് തന്നെ വരുമ്പോൾ അതിൻ്റെ അവിടെ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഒരു കരുതലിനെ കുറിച്ചാണ് ആ കരുതൽ എന്താ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വേറൊരു രംഗം ഈ രംഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഇസാക്ക് ഹാഗാർ പോയി കഴിഞ്ഞപ്പം ദൈവം എന്തോ ചെയ്തു അതിൻ്റെ ശേഷം ദൈവം അവനെ പരീക്ഷിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ദൈവം പിന്നീട് എന്തോ പറഞ്ഞു അബ്രഹാം ഇപ്പോൾ കൂടുതൽ ഒരൊറ്റ മകനായിത്തീർന്നു ഇസാക്ക് മാത്രമായി തീർന്നു അങ്ങനെ വന്നപ്പോൾ ദൈവം പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ അവിടെ യാഗമർപ്പിക്കുക ഹോമയാഗമർപ്പിക്കുക എന്ന് പറഞ്ഞു അവിടെ അബ്രഹാം പോയി മോറിയാമലയിൽ ചെന്നു അവിടെ ചെന്ന മകനെ പിടിച്ചുകെട്ടി ആ യാഗപീഠത്തിൽ വെച്ചു അപ്പോൾ അബ്രഹാമേ അബ്രഹാമേ എന്ന് ആകാശത്ത് നിന്ന് ദൂതൻ വിളിച്ചു ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിൻ്റെ നീ നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അബ്രഹാമിനോട് പോയി യാഗം കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ യാഗം കഴിക്കാൻ പോയപ്പോൾ തന്നെ ഇസാഖ് ചോദിച്ചായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചായിരുന്നു എന്താ ചോദ്യം തീയും വറകുമൊക്കെ ഉണ്ട് യാഗമൃഗം എന്തിയേ യാഗമൃഗം എന്തിയേ യാഗമൃഗം തന്നെയാണ് ഇസാക്ക് ഇസാഖാണ് അവിടുത്തെ യാഗമൃഗം ആ ഇസാക്ക് തന്നെ ചോദിക്കുക യാഗമൃഗം എന്തിയെ അബ്രഹാം സമർത്ഥമായ മറുപടിയൊക്കെ പറഞ്ഞു നല്ല ആത്മീയതയുടെ ഒരു ഭാഷയൊക്കെയുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് ദൈവം അത് കരുതിക്കൊള്ളൂ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വളരെ മനോഹരമായ വാക്കുകളൊക്കെ നമ്മൾ പറയല് ദൈവം കരുതിക്കൊള്ളൂ നമ്മൾ ഉള്ളിൽ തട്ടാതെ ചിലതൊക്കെ പറയും അബ്രഹാമോ അങ്ങനെയൊക്കെ പറഞ്ഞു ഒടുവിൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഈ ഇസാക്കിനെ ഒട്ട് യാഗം കഴിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല സമ്മതിക്കാതിരുന്നപ്പോൾ പിന്നെ യാഗം കഴിക്കാൻ എന്താ വേണ്ടത് അതിൻ്റെ പതിമൂന്നാം വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് പുറകിൽ ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു കണ്ടോ ദൈവത്തിൻ്റെ ഒരു കരുതൽ അവന് ഒരു കരുതൽ ഇവിടെ ഇതാ അവൻ്റെ പുറകിൽ നമ്മൾ കാണുന്നു അവൻ്റെ പിൻപുറത്താണ് ഈ ആട്ടുകൊറ്റൻ അന്നേരം ഉടനെ ദാ ഈ അബ്രഹാം തല തിരിച്ച് നോക്കി ഉടനെ സ്വർഗത്തു നിന്ന് നൂലെ കെട്ടി ഇവിടെ അവനെ അവിടെ കിട്ടിയിട്ടേക്കുമായിരുന്നു അല്ല ഈ ഈ കാട്ടുകൊറ്റൻ അവൻ എന്ത് ചെയ്ത് കാണും അവൻ നേരത്തെ തന്നെ അബ്രഹാമും ഇസാക്കും കൂടെ ഇറങ്ങിയ സമയത്ത് തന്നെ അതിന് മുമ്പോ ഈ ആട്ടുകൊറ്റൻ അവൻ്റെ ഗുഹയിൽ നിന്ന് ഇറങ്ങിക്കാണും ഇല്ലേ അതോ ഞാൻ ഒത്തിരി അങ്ങനെ ഒത്തിരി ഭാവന പറയുകയാണോ ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പം കൊമ്പ് വള്ളികളിൽ കുടുങ്ങിയ ഒരു ആട്ടുകൊറ്റൻ അവിടെ കിടക്കണമെങ്കിൽ ആ ആട്ടുകൊറ്റൻ എത്ര നേരം കൊണ്ട് കിടക്കുകയായിരിക്കും കുറേ നേരമായിട്ട് കിടക്കുകയായിരിക്കും കുറേ നേരമായിട്ട് കിടക്കുകയാണെങ്കിൽ അതിനു മുമ്പേ അവൻ എന്തോ ചെയ്ത് കാണും ഈ ആട്ടുകൊറ്റൻ അവൻ്റെ ഗുഹയിൽ നിന്ന് ഇറങ്ങി കാണും മറ്റാടുകളൊക്കെ ചോദിച്ചു കാണും നീ എന്തോ ഇപ്പം ഇറങ്ങിപ്പോകുന്നത് അപ്പം ഈ ആട്ടുകറ്റം എന്തോ എനിക്ക് എനിക്ക് എങ്ങോട്ടോട്ടോ പോകണമെന്നൊരു തോന്നല് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഈ ആട്ടുവറ്റൻ ഇറങ്ങിപ്പോകുക ആരാ ആരാ ഈ ആട്ടുവറ്റനെ ഈ നിലയിൽ പ്രേരിപ്പിച്ചത് ദൈവം ദൈവം ആട്ടുവറ്റൻ ഇറങ്ങിപ്പോയി ഇറങ്ങി വന്ന് വന്ന് വന്ന് നടന്ന് സ്ഥിരം അവൻ നടക്കുന്ന വഴിയായിരിക്കും പക്ഷേ ഇത്തവണ വന്നപ്പോൾ എന്തോ പറ്റി ആ വള്ളികളിൽ കൊമ്പ് കുരുങ്ങി കിടക്കുക അവൻ അവനെ കൊണ്ടാകുന്നതൊക്കെ നോക്കിക്കാണും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പക്ഷേ അവൻ അവിടെ വെച്ച് രക്ഷപ്പെടാൻ ഒക്കുകയല്ലേ കാര്യം എന്താ ഓ ഒരാൾക്കു വേണ്ടി പ്രത്യേകം കരുതി വെച്ചിരിക്കുന്നതാണ് ഈ ആട്ടുകൊറ്റൻ അബ്രഹാം വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആട്ടുകൊറ്റനെ കാണണം അതിനുവേണ്ടി ദൈവം എത്രയോ മുന്നേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു സഹോര സഹോരി നീയെ പലപ്പോഴും ഇത് കാണുന്നില്ല പക്ഷെ നിന്റെ പിൻപുറത്ത് എന്തുണ്ട് ദൈവത്തിൻ്റെ ഒരു കരുതൽ നിന്റെ മുൻപിലോ നമ്മൾ മുമ്പേ വായിച്ച വാക്യം നമ്മൾ നേരത്തെ ഹാഗാറിൻ്റെ കാര്യം പറഞ്ഞു ഹാഗാറിനോട് പറയുന്നത് എന്താ നീ മുന്നോട്ട് നോക്ക അവിടെ മുമ്പിൽ എന്ത് കണ്ടു മുൻപിൽ അതാ ഒരു നീരുറവാ കുഞ്ഞിൻ്റെ ഭരണവും കാണണ്ട എന്ന് പറഞ്ഞ് അവള് കുഞ്ഞിനെ പുറകിലിട്ടിട്ട് അവൾ വന്ന് നിൽക്കുക അപ്പം ദൈവം പറഞ്ഞ് നോക്ക് അപ്പം അവൾ എങ്ങോട്ട് നോക്കിക്കാണും മുൻപോട്ട് നോക്കി മുൻപോട്ട് നോക്കിയപ്പം നീരുറവ അപ്പം മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം മുൻപിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കരുതും ദൈവം ചിലപ്പം അബ്രഹാമിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ വായിച്ചതുപോലെ പുറകിൽ ചിലപ്പം ചില കാര്യങ്ങൾ കരുതും മുമ്പിൽ കരുതും പുറകിൽ കരുതും രണ്ട് രാജാക്കന്മാരിലേക്ക് നോക്കാൻ രണ്ട് രാജാക്കന്മാർ ആറാമധ്യായത്തിൽ വളരെ മനോഹരമായ വേറൊരു പദമുണ്ട് രണ്ട് രാജാക്കന്മാർ ആറാമധ്യായം ആറാമധ്യായം എന്ന് പറയുന്നത് ഏലിശായുടെ കഥയാണ് ഏലിഷായുടെ കാര്യത്തിൽ ഏലിഷായെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ ആരാ രാജാവും ഒക്കെ കൂടെ എന്തു ചെയ്തു ആരാമേര് വന്ന് അവിടെ മുഴുവൻ അവരെ വളഞ്ഞു വളഞ്ഞു അപ്പോൾ ഒരു ദിവസം രാവിലെ ഏലിശ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുമൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ട് ഏലിശയുടെ ദാസം പുറത്തോട്ടം കണ്ടൊന്ന് ഇറങ്ങിയതാണ് കടയിൽ പോയി ഏ ഏലിശയ്ക്ക് രാവിലത്തെ ഒരു ഏ രാവിലത്തെ ഒരു ബ്രെഡ് കോഫിയോ എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്നോട്ടോ വിചാരിച്ച് ദാസം മുമ്പേ ഇറങ്ങിയതാ ഇറങ്ങിയപ്പോൾ എന്താ കണ്ടത് അയ്യോ ആരാമേ സൈന്യം എന്താണ് പട്ടണം മുഴുവൻ വളഞ്ഞിരിക്കുക വളഞ്ഞിരിക്കുക ചുറ്റും ചുറ്റും ശത്രുക്കള ഈ ശത്രുക്കളെ കണ്ട് ദാസൻ അങ്ങോട്ടിറങ്ങിയ വേ രണ്ടരട്ടി വേഗത്തിൽ തിരിച്ചു വീട്ടിലേക്ക് ഓടിക്കേറി വന്ന് ഉറങ്ങിക്കിടന്ന ഏലിശായെ വിളിച്ചോണത്തിൽ പറഞ്ഞു കാണും ഇതൊക്കെ നമ്മുടെ ഭാവനയാണെ വിളിച്ചോണത്തിൽ പറഞ്ഞു കാണും ഏലിശായ ഏലിശായ ഇന്നീറ്റാട്ട യജമാനെ സംഗതിയാകെ പ്രശ്നമായി എന്താ ശത്രുക്കൾ വന്നെല്ലാം വളഞ്ഞു എന്ന് പറഞ്ഞു ഏലിശ ചില ആളുകൾ അങ്ങനെയാണ് ഏലിശ എന്ത് ചെയ്തു ഏലിശ ഒരു പകുതി ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇതൊന്നും കേട്ടിട്ട് ഏലിശായ്ക്ക് ഒരു കുലുക്കമില്ല എന്താ കാര്യം ദൈവത്തിൻ്റെ പ്രൊവിഷൻ ദാസം കണ്ടില്ല പക്ഷേ ഏലിശ കണ്ടു ഏലിശ പ്രാർത്ഥിച്ചു ദൈവമേ ഇവൻ്റെ കണ്ണൂടൊന്ന് തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് കണ്ണ് തുറന്നപ്പം രണ്ടാമ അതിൻ്റെ ആറാമധ്യായം അതിൻ്റെ വാക്യത്തിലേക്ക് വരുമ്പം ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു പതിനേഴിൻ്റെ ഒടുവിൽ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു ഏലിശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു നേരത്തെ നമ്മൾ പറഞ്ഞു ഹാഗാറിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻ അബ്രഹാമിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പ്രോ പ്രഷൻ ഇവിടെ ഇതാ ഇവിടെ ഇതാ ഏലിശയുടെ ചുറ്റും ഏലിശായുടെ ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം ലൂക്കോസിന്റെ അസുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വേറൊരു പറഞ്ഞു വന്നത് കൊണ്ട് നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം ലൂക്കോസിൻ്റെ അസുവിശേഷം ഇരുപത്തിനാലാമധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവരെന്ത് ചെയ്തു നമുക്ക് ഈ ഭാഗവും ഞാൻ പറയുന്നില്ല അവിടെ ചെന്നിട്ട് അവരെ കൂടെ നടന്നയാൾ കർത്താവ് തന്നെ എന്തു ചെയ്തു ദൈവം തന്നെ അവരുടെ കൂടെ നടന്നു അവരുടെ കൂടെ നടന്നിട്ട് അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇവിടെ ഇതാ അവരുടെ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു ഞങ്ങളോട് കൂടെ പാർക്കാൻ നേരം വൈകി അസ്തമിപ്പാറായല്ലോ അവൻ അവരോടുകൂടെ ഭക്ഷണത്തിന് ചെന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവൻ അവനെ അറിഞ്ഞു അവിടെ അവരുടെ അവരുടെ മധ്യത്തിൽ അവരുടെ മധ്യത്തിൽ എന്നുള്ള ഒരു വാക്കാണ് ഞാൻ നോക്കുന്നത് അതായത് ചുരുക്കത്തിൽ ഈ ഇവിടെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് ഒന്ന് വായിക്കാമോ അവർക്ക് വായിക്കാമോ മുപ്പത്തിയാറാമത്തെ വാക്യം ഇങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു അവരുടെ ഇംഗ്ലീഷിൽ അത് വളരെ മനോഹരമാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇൻ ദ മിസ്റ്റ് അല്ലേ ആ ഇൻ ദ മിസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാനാവുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുതൽ എവിടെയാണ് അവൻ്റെ പുറയിലാണ് ആഗാറിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുതൽ അവളുടെ മുമ്പിലാണ് ഏലിശായെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുതൽ അവൻ്റെ ചുറ്റുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ എഫ് ഈ ഇങ്ങനെ ഇവർ ചെന്നിട്ട് പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ് അതിനൊരുവരോട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ദൈവം എവിടെ അവരുടെ നടുക്ക് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പുറകിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ മധ്യത്തിലുണ്ട് ഇതുപോരായും ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ടോ ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ടോ നമ്മുടെ മുമ്പിൽ പുറകിൽ ചുറ്റുപാടും നമ്മുടെ നടുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ നിലയിൽ അവർ എന്ത് സംഭവിച്ചു ഇവരുടെ വാടിയ മുഖം മാറിപ്പോയി ഇവരുടെ നിരാശ മാറിപ്പോയി ശിഷ്യന്മാർ ആഹ്ലാദവും സന്തോഷവും ഉള്ളവരായിത്തീർന്നു പ്രിയപ്പെട്ടവർ അങ്ങനെ നമ്മളെ കരുതുന്ന ഒരു വലിയവനായ ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ പറഞ്ഞു വന്നത് സങ്കീർത്തനത്തിലെ വാക്യമാണല്ലോ നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ നമുക്ക് വയ്ക്കാം നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ നമ്മളിത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ തോന്നാം ബ്രേറെ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണല്ലോ അല്ലേ ജോസഫിൻ്റെ കാര്യം ജോസഫിനെ ഒടുവിച്ചത് ദാവീദിൻ്റെ കാര്യം ഓ അബ്രഹാമിൻ്റെ കാര്യം ഹാകാറിൻ്റെ കാര്യം എല്ലാം പഴയ നിയമത്തിൽ നിന്നുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് സത്യത്തിൽ നമുക്ക് ഭൗതികമായ നമ്മുടെ ഉത്കണ്ഠകളെക്കാളും നമുക്ക് പലർക്കും നമ്മുടെ ആത്മീകമായ ഉത്കണ്ഠകളല്ലേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ അതിന് ദൈവം എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ ആ കാര്യത്തിലും ഉള്ള നമ്മുടെ ഭാരങ്ങൾ നമുക്ക് ദൈവത്തിൽ വെക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ദൈവത്തിൽ വയ്ക്കാൻ കഴിയും അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം നമ്മൾ നമ്മുടെ നമ്മുടേതുപോലൊക്കെയുള്ള ഒരു ചർച്ചയിൽ എപ്പോഴും നമ്മുടെ ഊന്നൽ വിശുദ്ധിക്കും കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെട്ട് ജീവിക്കുന്നതിനുമാണ് ഈ വിശുദ്ധിക്കും കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നതിനും ഉള്ള ഒരു ഊന്നൽ വരുന്നിടത്ത് പലപ്പോഴും പാവപ്പെട്ട വിശ്വാസികളെ പിശാജെന്ത് ചെയ്യും പിശാജ് മാനസികമായിട്ട് ചിലപ്പോൾ തളർത്തി കളയും ഓ അങ്ങനെയൊക്കെ ജീവിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഒക്കുകയില്ല നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ല ചുരുക്കം ചിലർക്ക് മാത്രമൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കെയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഒക്കുകയില്ല എന്ന് പിശാജ് പറയും നമ്മുടെ അനുഭവങ്ങളും ചിലപ്പം നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ച ചില പാപങ്ങളിൽ നമ്മൾ പൊടുന്നനെ വീണ് പോയെന്നിരിക്കും നമ്മളിത് ഇവിടെ വന്നു ചില വർഷങ്ങളായി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മുൻകോപം വരുന്നു നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ മുൻകോപം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടാക്കുന്നതും കസേര എടുത്തെറിയുന്നതുമായ എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു ഒടുവിൽ ഒടുവിൽ നമ്മൾ വിചാരിച്ചു ഓ അത് ദൈവം വിടുവിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്തെല്ലാം പറഞ്ഞിട്ടും നമ്മൾ കസേര എടുത്തെറിഞ്ഞില്ല പുള്ളികളുടെ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് അദ്ദേഹത്തെ വിടുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിലൊക്കെ വിജയിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് എന്തോ പറ്റിയും ഒരു നിമിഷത്തിൽ ചിലപ്പോൾ നമ്മൾ ജയം കിട്ടിയെന്ന് വിചാരിച്ച പാപത്തിൽ തന്നെ നമ്മൾ ദയനീയമായിട്ട് വീണു വരും പ്രിയപ്പെട്ടവർ നമ്മുടെ തന്നെ ബലങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അനുവദിക്കുന്നത് നമുക്ക് കിട്ടിയ ജയങ്ങൾ അത് നമ്മുടെ ജയങ്ങളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ദൈവം പറയുക മോനെ മോളെ നിൻ്റെ ജയമല്ലത് നീ നിനക്ക് ആ ജയം തന്നത് ഞാനാണ് അത് നീ എൻ്റെ ആഴത്തിൽ വരാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യും ഞാനിപ്പം നിനക്ക് ജയം കിട്ടിയെന്ന് പറയുന്നിടത്ത് തന്നെ നിനക്കൊരു തോൽവി ചിലപ്പം ഞാനിപ്പോൾ അനുവദിക്കാൻ പോവുക അത് നിൻ്റെ നന്മയ്ക്കായിട്ടാണ് പക്ഷേ ഈ ദൈവത്തിൻ്റെ ഈ വഴി അറിയാത്ത ഒരാളെന്ത് ചെയ്യും അയ്യോ ഞാൻ ജയിച്ചെന്ന് വിചാരിച്ചിടത്തും ഞാൻ തോറ്റുപോയി ചുരുക്കത്തിൽ എന്നെക്കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും ജീവിക്കാനായിട്ട് ഒക്കുകയില്ല ഓരോ തവണ ദൈവോചനക്കേഴ് അവരെ ഒരുതരം നിരാശയിലേക്കാണ് നടത്തുന്നത് ദൈവോചനക്കേഴ്വി അവരെ ഉത്സാഹത്തിന് പകരം ഒരു കണ്ടംനേഷനിലേക്കാണ് ഒരു കുറ്റബോധത്തിലേക്കാണ് അനാവശ്യമായ ഒരു കുറ്റബോധത്തിലേക്കാണ് നയിക്കുന്നത് ഓ എന്നെ കൊണ്ടൊന്നും നോക്കുകയില്ല സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് അങ്ങനെ വല്ലതും ജീവിക്കാൻ എന്നെ കൊണ്ടുനോക്കും ഞാൻ പിന്നെയും പിന്നെയും തോറ്റുപോകുന്ന ഒരാളാണ് അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും ആർക്കിങ്ങനെ ജീവിക്കാനൊക്കും എനിക്കെന്ന് ഇങ്ങനെ ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് വരാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെയും സഹോദര സഹോദരി നിൻ്റെ ഭാരം യേഹോയുടെ മേൽ കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക നാൾ നമ്മുടെ ആത്മീയ ഉത്കണ്ഠകൾക്കും പരിഹാരം ആരിലുണ്ട് കർത്താവിലുണ്ട് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്നെ നിൻ്റെ മുൻകോപം അതുപോലെയൊക്കെയുള്ള നിന്നെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുത്തി നിർത്താനാണ് ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ അതിനുള്ള പ്രോഷനെ അവിടെ നിന്ന് ചെയ്തുകൊള്ളും നീ നിൻ്റെ പരാജയങ്ങളുടെ സന്ദർഭത്തിലും വിജയങ്ങളുടെ സന്ദർഭത്തിലും കർത്താവിൻ്റെ മേൽ തന്നെ ഇതിട്ട് നമ്മുടെ ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ട് നമ്മൾ നമ്മുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞവരെ പോലെ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് അമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുഞ്ഞമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങുക എന്ത് നമ്മൾ വല്ലവാണെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ നോക്കൂ നമ്മൾ വിചാരിക്കുമോ എന്തൊരു ചൂടാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂട് ഇങ്ങനെ പോയാൽ ഇനി ഈ കാലത്തെങ്ങാണ്ട് മഴ പെയ്യുമോ അതൊന്ന് ഇലക്ഷനിൽ ഇപ്പം അൻപത്തഞ്ച് ശതമാനം പോ നടന്നു ഇനിയും ബാക്കി ഇത്ര നടക്കാനുണ്ട് അതുകൂടെ വന്നു കഴിയുമ്പോൾ ആരായിരിക്കും ഇന്ത്യയിൽ അധികാരത്തിൽ വരിക രണ്ട് മൂന്ന് സാധനത്തിനൊക്കെ ഇതുപോലെ വില കയറിയാൽ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കുടുംബം കൊണ്ടുപോകും മൂന്ന് നമുക്കാര്ക്കും എന്തു ചെയ്യാനൊക്കെയില്ല നമുക്ക് ഉറങ്ങാനൊക്കെ ഇല്ല കുഞ്ഞോ കുഞ്ഞിനിങ്ങനെ വല്ല ചിന്തയുണ്ടോ കുഞ്ഞിനാകെ പാടെ ഒരു കാര്യം അറിയാം എൻ്റെ അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നറിയാം കുഞ്ഞ് ശാന്തമായിട്ട് സുഖമായിട്ടങ് ഉറങ്ങുക പ്രിയപ്പെട്ടവരെ ആ നിലയിലുള്ള ഒരു നമ്മുടെ തന്നെ ഒരു ബലത്തിൽ നിന്ന് കുതറി മാറി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ ശരണപ്പെട്ട് ദൈവത്തിൽ തന്നെ ഒരു സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിനായിട്ടാണ് ദൈവം ചില കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ചില മുറുകെ പറ്റുന്ന പാപങ്ങളെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം തരുന്നത് അതിൽ ദൈവം വിജയം തന്നുകൊള്ളും വിജയം തന്ന് അവിടുന്ന് നിന്നെ ശാന്തതയിലേക്ക് കൊണ്ടുവന്നുകൊള്ളും നീ എന്തു ചെയ്താൽ മതി നിന്റെ ആത്മീയമായ ഉത്കണ്ഠകളും അതിൻ്റെ ഭാരങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊണ്ട് കർത്താവ് നടത്തുന്നത് പോലെ അങ്ങ് പൊയ്ക്കോണ്ടാൽ മതി പക്ഷെ പലപ്പോഴും നമ്മളെ കൊണ്ട് അത് ഒക്കുകയല്ലേ നമ്മളെന്തോ ചെയ്യും പിന്നെ സ്റ്റിയറിങ് നമ്മൾ തന്നെ എടുക്കും ദൈവം സ്റ്റിയറിംഗ് എടുത്തോട്ടെ നമ്മളവിടെ ഇരുന്നാൽ മതി പക്ഷെ നമ്മളെ പലപ്പോഴും ഒക്കുകയല്ലേ അത്ര അത്രയേറെ സെൽഫ് കോൺഫിഡൻ്റാണ് നമ്മൾ അതിൽ നിന്നും ദൈവത്തിന് നമ്മളെ മോചിപ്പിക്കണം ഞാൻ നെട്ടുന്നില്ല പ്രിയപ്പെട്ടവര് അപ്പോൾ ഒരു വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ബൈബിളിൽ രണ്ട് വാക്കുകളാണുള്ളത് ബൈബിളിലെ നമ്മൾ ഹോളിനസ് ഹോളിനസ് ഹോളിനസ് എന്ന് പറഞ്ഞൊരു വാക്ക് സത്യത്തിൽ ബൈബിളിലൊക്കെയാണ് കാണുന്നത് നിങ്ങൾ ഒരു വർത്തമാനപത്രം എടുത്ത് രാവിലെ എടുത്ത് നോക്ക് ലോകത്തുള്ള എല്ലാ വാക്കുകളും അതിൻ്റെ അകത്തല്ലേ പക്ഷേ നിങ്ങളൊരു വർത്തമാനപത്രം എടുത്ത് അതിൻ്റെ വള്ളി പുള്ളി വിടാതെ വായിച്ച് നോക്ക് ഹോളിനസ് എന്നൊരു വാക്ക് പത്രത്തിലെങ്ങും കാണുകയില്ല കാര്യം നിത്യജീവിതത്തിൽ ആരും ഹോളിനസ് അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല എന്നാൽ ബൈബിളിൽ വരുമ്പോൾ ഹോളിനസ് എന്നുള്ള ഒരു വാക്ക് ഉടനെ നമ്മളൊരു ഡിക്ഷണറി എടുത്ത് നോക്കുക എന്താ ഈ ഹോളിനെസ് ഒരു നല്ല ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് രണ്ട് വാക്കുകൾ കിടക്കുന്നതാണ് ഒന്ന് സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് രണ്ട് മോറൽ പ്യൂരിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ വാക്ക് ഇത് രണ്ടുമാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുക അങ്ങനെ വിളിച്ച് വേർതിരിച്ചവരെ ദൈവം എന്താ പറയുന്നു അവരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നു അതാണ് ഒരു വിശുദ്ധി രണ്ടാമത്തെ വിശുദ്ധിയോ അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്തു വേണം തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം ഇതാണ് രണ്ടാമത്തെ മോറൽ പ്യൂരിറ്റി ഈ രണ്ട് കാര്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സെറ്റ് അപ്പാർട്ട് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു ദൈവം ആ കാര്യം ചെയ്തു ദൈവം ആ കാര്യം ചെയ്തു അത് നമ്മൾ അംഗീകരിക്കണം നമ്മളെ ഫേസ് എൽ കരുതി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നോക്കുക ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ എന്തു ചെയ്തു നമ്മളെ വിളിച്ചു നമ്മളെ സെറ്റപ്പ് പാർട്ട് ചെയ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ചു തൻ്റെ മക്കളായിട്ട് ദൈവം പ്രഖ്യാപിച്ചു ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്തിനാ അങ്ങനെ തിരഞ്ഞെടുത്തത് നാം തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ വേണ്ടിയാണ് ഓ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ വേണ്ടി ദൈവം നമ്മളെ മുൻ നിയമിച്ചു നമ്മളെ സെറ്റപ്പ് ആർട്ട് ചെയ്ത് വേർതിരിച്ചു അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നാൽ ആ പ്രവർത്തനം ആരംഭിച്ചാൽ നമ്മൾ എന്തു ചെയ്യണം ഇതേപോലെ തന്നെ മറ്റൊരു വാക്യം നമ്മൾ ഒന്ന് തെസ്ലോനിക്കറിൽ കാണുന്നുണ്ട് ഒന്ന് തെസ്ലോനിക്ക രണ്ടാമത്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യം വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങളെത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി ഇവിടെ പൗലോസ് പറയുന്നത് എന്താ തെസ്ലോനിക്കനെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നടപ്പ് എത്ര പവിത്രമായിരുന്നു എത്ര റൈച്വസ് ആയിട്ടും എത്ര ബ്ലമിഷ്ലെസ് ആയിട്ടും യാതൊരു നിന്ന് പറയാനൊക്കാത്തവണ്ണമായിരുന്നു നമ്മളിതിനെ എഫ് എ സി ലേഖനത്തെ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്താൽ അവിടെ പറയുന്ന രണ്ട് കാര്യവും ഇവിടെ പറയുന്നുണ്ട് കണ്ടോ ചുരുക്കത്തിൽ നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ഒന്ന് ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു രണ്ട് അത് കണ്ട് നമ്മളും എന്ത് വേണം നമ്മളും ആ നിലയിൽ പവിത്രമായും അനിന്യമായും നടക്കുകയും വേണം എന്നാൽ അങ്ങനെ നടക്കാൻ അതിനും നമ്മളെ സഹായിക്കുന്നതാര ഞാൻ പറഞ്ഞതാ വ്യക്തമായോ നമ്മളെ വിചാരിച്ചു ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചു നമുക്കതിൻ്റെ അകത്ത് ഒരു റോളും ദൈവം അത് ചെയ്തു നമുക്ക് സ്വസ്ഥം എന്നാൽ രണ്ടാമത് ഇപ്പം ഒന്ന് തെസ്ലോനിക്കാൻ രണ്ടിൻ്റെ പത്തി വായിച്ചെടുത്ത് നമ്മൾ തന്നെ പൗലോസ് തന്നെയാണ് നടക്കുന്നത് നീതിയായിട്ടും അനിന്യമായിട്ടും ഞങ്ങൾ തന്നെ നടന്നു ദൈവമല്ല അത് ചെയ്തത് നമ്മൾ ഇവർ തന്നെ ആണല്ലോ ചെയ്തത് അപ്പോൾ അതൊത്തിരി ഭാരപ്പെടുത്തുന്നതല്ലേ നമുക്ക് പൗലോസിനെപ്പോലെ നമ്മൾ പൂർണ്ണ ഹൃദയമുള്ളവരല്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ നടക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞൊരു നിരാശയെ പോകാൻ ഒക്കുമോ ഇല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ പൗലോസാണ് നടന്നതെന്ന് പറഞ്ഞാലും തന്നെ നടക്കാൻ സഹായിച്ചത് ആരാണെന്നാണ് പൗലോസ പറയുന്നത് ഫിലിപ്പർ കെഴുതിയ ലേഖനം രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുക ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ അനിന്യമായിട്ടും വിശുദ്ധമായിട്ടും നടന്നത് നമ്മൾ വിചാരിച്ചു നമ്മളാ നടന്നതെന്ന് എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ നമ്മളെ അങ്ങനെ നടക്കാൻ സഹായിച്ചതാരാ ദൈവം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് അപ്പം നമുക്ക് വിശുദ്ധയിൽ നടക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെടണം അത് പൂർണ്ണമായിട്ട് ദൈവം ചെയ്യും രണ്ട് മോറൽ പ്യൂരിറ്റിയിൽ നമ്മൾ നടക്കണം അതപ്പം നമുക്കൊത്തിരി തലവേദനയും ഉത്തരവാദിത്വവും തരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അത് നടത്തുന്നതും അതിന് ശക്തീകരിച്ച് നമ്മളെ നടത്തുന്നതും ആര് തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മളിവിടെ വായിച്ചത് പ്രിയ സഹോര സഹോരി നിൻ്റെ ആത്മീയമായ ഉത്കണ്ഠകളും കർത്താവിൻ്റെ മേൽ കർത്താവിൻ്റെ മേലിട്ട് കൊള്ളുക നമ്മുടെ ഭൗതികമായ ഉത്കണ്ഠകൾ നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ നാൾ തോറും അത് നമ്മൾ ദൈവത്തിൻ്റെ മേലിടുക നമ്മുടെ ആത്മീയമായ ഉത്കണ്ഠകളും എങ്ങനെ എങ്ങനെ ജീവിക്കാനൊക്കും വിശുദ്ധമായിട്ട് എങ്ങനെ ജീവിക്കാനൊക്കും ദൈവം വിളിച്ചു വേർതിരിച്ചു അതുകൊള്ളാം പക്ഷേ ഞാൻ തന്നെ പവിത്രമായിട്ട് നടക്കണമല്ലോ പക്ഷേ പവിത്രമായിട്ട് നടക്കാനും ദൈവം നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളും ദൈവം നിന്നെ ആ നിലയിൽ യക്കിപ്പ് ചെയ്തുകൊള്ളും എന്നാണ് നമ്മൾ ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം രണ്ടാമത്തെ ആയോ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചത് അങ്ങനെ ദൈവം അത് ചെയ്യുമെങ്കിൽ നമുക്ക് ഭാരങ്ങൾ ഒഴിഞ്ഞവരായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ആ കൊച്ചു കുഞ്ഞെ അമ്മയുടെ കയ്യിലുറങ്ങുന്നത് പോലെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കരുതോ സന്തോഷമായിട്ടിരിക്കരുതോ നമ്മുടെ ഭാരങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കണോ വേണ്ട ദൈവത്തെ തന്നെ ഇട്ട് നമുക്ക് സന്തോഷമായിട്ടായിരിക്കാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുകയും